ൂഢ കാലവശീലേതാ കർമ്മൂലം അപചാരപ്രീത സൃജർമ്മിത് ൂഢ കംസാര മൂഢന്മാര കളാധീനന്മാരൂഢ കാലവശേന മൂഢാ സംസാരത്തിൽ മുഖന്മാരെല്ലാം കാലാധീനങ്ങളും എന്നിട്ട് അവരുടെ ജീവിതം കാലത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക കാലത്തനുസരിച്ച് പോകാമെന്ന് വെച്ചാൽ ഒന്നും സ്വന്തം വിചാരമനുസരിച്ചോ സ്വന്തം പ്ലാനനുസരിച്ചോ സ്വന്തം പ്രയത്നത്തിനനുസരിച്ചോ ഒന്ന് മുഖന്മാരുടെ ജീവിതം ിങ്ങനെ ഓരോ ഒഴുക്കിൽപ്പെട്ട അവര് തടി ഒഴുകിപ്പോകുന്നുണ്ട് എങ്ങനെയൊക്കെ ജീവിച്ചു പോകും അവർക്ക് സ്വപ്നം കൊണ്ട് അവരൊന്നും നേടുന്നില്ല എന്ന് ചോക്കും അപ്പൊ പിന്നെ വിചാരത്തിൻ്റെ കാര്യം പറയാനുള്ളൂ എങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും രിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ച മുമ്പിൽ അതാണ് ഇവ കാലവിസേജനം കൂടുതലാക്കുക പരമം പദം കഥാഹ പരമപഥത്തെ ഗുന്നവർ പ്രാപിക്കുന്നവർ പരമപഥത്തെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നവർ പരമപഥത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ നമുക്ക് ധാതു കർത്തരി നിഷ്ട സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നത് പ്രത്യന്ന ഗർത്ത കാരണ കർത്തരീങ്ങളും കർമ്മണീകരണം പരമഭാഗപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആ വൈദ്യസഞ്ചരി അവർ കൊണ്ടെടുത്ത അവർക്ക് അനത്തമം വിചാരപ്രതിസ്യ അനുത്തമം വിജരംഭിരം വിചാരമാകുന്ന വിളക്കിന്റെ അനുത്തമം ആയ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി വിന്യാസെന്ന് വെച്ചാൽ നമ്മൾ കൈ താരത്തെങ്കിലും ബ്ലഡ് ഉറക്കത്തിനൊക്കെ ശരീരം കൊണ്ട് സ്ട്രച്ച് ചെയ്ത് അതിന് ദൃഢീയും നോക്കി എന്നുവെച്ചാൽ വികസിതമായ പദമാണ് വിചാരത്തിന്റെ ഫലം എന്ന അപ്പൊ മൂഢന്മാരും കാലത്തിന് അധീനമായി പോയിക്കൊണ്ടിരിക്കുന്നു പരമപദത്തിലേക്ക് പോകുന്നവർക്ക് ആ പദം വിചാരത്തിന്റെ പദം തത്ത് ചേർത്തുന്നു വികസിതമായ അനുത്തമമായ പദമാണ് പദമെന്ന് വെച്ച ലക്ഷ്യസ്ഥാനം പ്രാപിക്കേണ്ട സ്ഥാനം പദ്യത എത്തിച്ചേരുന്ന വിധം അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത് പരവുമായുള്ള പദത്തിലേക്ക് യാത്ര ചെയ്യുന്നത് ആ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത് വിചാരത്തിന്റെ ഫലമായിട്ടാണ് യത് പരമം പദം ഗൃതാഹ അതവിടെയുണ്ട് വിചാരപ്രതിപ്യ അനുത്തമം വിജും വിജം വിചരം വിധം പദം വ്യാഖ്യാനത്തിൽ അങ്ങനെ എല്ലാം അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നിടത്ത് അർത്ഥമല്ല പലയിടത്തും ഞാൻ പറയും ഇവിടെ മാത്രമല്ല പല ഭാവങ്ങൾ വ്യാഖ്യാനങ്ങൾ ഞാൻ പറയുന്ന ഒത്തുനോക്കിയാൽ പലയിടത്തും ശരിയാണ് മഹത്വത്തെ കുറിച്ച് പറയുന്നു ഇവിടെ മോക്ഷപഥം അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പരമം പദം എന്ന് പറയുമ്പോൾ മോക്ഷമാണ് ലൗകികമായ ഫലങ്ങളെ കുറിച്ചാണ് ചാരത്തിന്റെ ഫലം ചിന്തയുടെ ഫലം വിചാരം മനന അദ്വൈതത്തിൽ പറഞ്ഞ മനന രാജ്യാനി സമ്പത സ്വാരാഹോക്ഷ ശാസ്ത്ര വിചാര കർട്ടുമേതാവിചാരത്തെ ഒരുപാട് സ്തുതിച്ച് ഇപ്പൊ വിചാരത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയും അതിനെ സ്തുതിക്കുകയാണ് സ്തുതി വാസിഷ്ടം എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം മാത്രമുള്ള ഒരു കാവ്യം കൂടിയല്ല വിഷയത്തിൽ പറഞ്ഞാൽ അതിനെ വർണ്ണിക്കും വർണ്ണന എന്ന് പറയുന്ന കാവ്യത്തിന്റെ ലക്ഷണത്തിലൊരു പ്രധാനമായ കാവ്യങ്ങൾ പഴയ കാവ്യങ്ങളൊക്കെ സംസ്കൃത അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കാവ്യാകാശം ദീർഘ കവിപ്രകാശം മമ്മടന്റെ വിശ്വനാഥൻ്റെ സാഹിത്യ വസ്തുങ്ങളൊക്കെ ആണെന്ന് എടുത്ത് വായിച്ചു അതിന്റെ കാവ്യങ്ങളെ കുറിച്ച് ഒരുപാട് പറയും കാവ്യ ലക്ഷണത്തെ കുറിച്ച് പറയും അതിന്റെ ഒരു പ്രധാന ഭാഗമാണ് വർണ്ണന ഒരു കാര്യം പറഞ്ഞ വർണ്ണയിൽ അതിന്റെ ഇടിവൃത്തം പുരാണങ്ങളുടെയോ ഇതിഹാസങ്ങളുടെയൊക്കെ ആയിരിക്കുന്നു ഞാൻ പറഞ്ഞ വിഷയങ്ങളായിരുന്നു കാവ്യം അതിൽ പറഞ്ഞു വീണ്ടും അതിനെ വർണ്ണയിൽ വർണ്ണനകളിലൂടെയാണ് വർണ്ണന എന്ന് പറഞ്ഞ ഭാവനയാണ് പർവ്വതത്തെ വർണ്ണിക്കുക സമുദ്രത്തെ വർണ്ണിക്കുക നദികളെ വർണ്ണിക്കുക ഇതെല്ലാം ഇതിനകത്ത് മതി രാജാക്കന്മാരെ വർണ്ണി വർണ്ണിക്കുക പ്രജകളെ വർണ്ണിക്കുക ഏതുക്കളെ വർണ്ണിക്കുക ഇങ്ങനെ ഈ വർണ്ണനങ്ങളല്ല നായകനെ വർണ്ണിക്കുക നായികനെ എന്ന് പറഞ്ഞ വർണ്ണന കൊണ്ടാണ് കാവ്യം ശ്രവണമധുനമായിട്ട് ഇത് എല്ലാ ആചാര്യന്മാരും പറയുന്നു സാഹിത്യത്തിന്റെ അതായത് വിശ്വനാഥൻ മമ്മടലി ദണ്ഡി എല്ലാം പറയുന്നു അതുകൊണ്ട് ഇതും അങ്ങനെ ഒരു ശൈലിയാണ് പിന്നെ അതുകൊണ്ടാണ് ഒരു കാര്യത്തിനെ വർണ്ണിച്ച് വർണ്ണിച്ച് പറയും കാവ്യ സംസ്കാരമുള്ളവർക്കിത് വളരെ രസകരമായിട്ടാണ് പക്ഷെ അതില്ലാത്തവർക്ക് വിരസമായിട്ടും ഉപമകളും അലങ്കാരങ്ങളും ഉപയോഗിക്കുന്നു എന്തിനാ ഈ സർഗങ്ങളായി വിഭജിക്കുന്ന കാവ്യത്തിന്റെ ഒരടയാളം ലക്ഷണം കാവ്യത്തെ കുറിച്ച് പറയുമ്പോൾ പത്ത് പന്ത്രണ്ട് സർഗങ്ങളായി വിഭജിക്കുക എന്നിട്ട് എല്ലാം കാവ്യം ലക്ഷണത്തിൽപ്പെടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ചു കാവ്യ പരിചയവും ഭാഷാ സ്വാധീന എന്ന് പറയുന്നത് അതിന്റെ അത്രയൊരു രസം നമുക്കത് ശരിക്കും കൊണ്ട് രസിക്കാൻ പറ്റും രാജ്യാജ്യം എന്നീ പറയുന്നു മോക്ഷം മാത്രമാണ് വിചാരം ചിന്തയുടെ ഫലമായി എന്തൊക്കെ രാജ്യം നീക്കുന്നത് ധാരാളം സമ്പത്ത് ചിന്തിക്കുന്നവരുടെ സമ്പത്തുണ്ടാകുന്നുണ്ട് ചിന്തിച്ച് പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു ഭോഗം ലൗകിക അസുഖങ്ങൾ അന്ന് ചിന്തിച്ചാലേ ഉണ്ടാവും അതൊക്കെ നേടണം പിന്നെ ശാശ്വത മോക്ഷ ശാശ്വതമായ മോക്ഷം സാറിന് പറയും ധർമ്മർത്ഥവാ മോക്ഷം ചതുവിധാത്ത ഈ പറയുന്നതെല്ലാം തന്നെ വിചാരകൽപ്പവൃക്ഷ സിദ്ധാന്ത വിചാരമാകുന്ന കൽപ്പവൃക്ഷം വിചാരം എന്തും നൽകുന്നവർ കൽപ്പവൃക്ഷം കല്പവൃക്ഷം പോലെയാണ് കൽപ്പവൃക്ഷത്തിന് മുമ്പിൽ പോയി അത് സ്വർഗത്തിലുള്ള വൃക്ഷങ്ങളാണ് പരിജാതം പോലുള്ള വൃക്ഷങ്ങൾ അതിന് മുമ്പ് ചെന്ന് പ്രവർത്തിച്ചാൽ എന്താഗ്രഹിക്കുന്നു അത് കിട്ടുമെന്നാണ് വിശ്വാസം നമ്മൾ ആവശ്യപ്പെട്ടാണ് നമ്മൾ സ്വർഗത്തിലെത്തിച്ചവർക്ക് ഒരു മൊത്തമില്ല ഒന്നിന് അവരവിടെ ചെന്ന് പ്രാർത്ഥിച്ചല്ല അതുപോലെ വിചാരമോ ഒരു കൽപ്പവൃക്ഷമാണോ ചിന്ത അതിന്റെ ഫലമാണിതെല്ലാം ഭൗതികവും ആത്മീയവും എല്ലാം ഇവിടെ ഈ ഭൗതികത്തെയും ആത്മീയത്തെയും ചേർത്ത് വാശിഷ്ടത്തിലെ രീതി അവിടെ ശങ്കരായത് പോലെ ഭൗതികത്തെ ഉപേക്ഷിക്കുന്നു ഭൗതികത്തെ ഉപേക്ഷിക്കുന്ന ഒരു ആത്മീയ ഭൗതികവും ആത്മീയവും രണ്ടും വിചാരം കൊണ്ട് നേടണം എന്നാണ് ഇനി പറയുന്ന ഭാഗങ്ങളാണ് അതേപോലെ ആവർത്തിച്ചാവരിച്ച് പറയാം ഭൗതികം ഉപേക്ഷിച്ച ഒരു ആത്മീയ തന്നെ ഇവിടെ വരുന്നതിൻ്റെ ഒരു എന്നാൽ കേവലമായ ആത്മീയ സാധനയും സമാധിയും അതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പൊതുവേ പറയും വിവേക വികാസി മതയോ മഹതാമിതാ വിപതിമഞ്ചല്ലി തുമ്പുകാരൻ വിവേക മഹത്തുക്കളുടെ ഇതെല്ലാം നേടുന്നവരാണ് മഹത്തുകൾ എന്തു പറഞ്ഞല്ല ഭൗതിക വിവേകം കൊണ്ട് വികസിച്ച് അവരുടെ വിവേകം വെച്ചവടെ വിചാരമാണ് വിചാരം കൊണ്ട് വികസിച്ച് അവരുടെ ബുദ്ധി തുമ്പുകാരി വാരണ ജലത്തിൽ ചുരക്കയുടെ തോട് അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാം എടുത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചുരയ്ക്ക എന്ന് പറയുന്നത് അതിന്റെ തോട് വെള്ളത്തിലൊരിക്കലും താഴ്ന്നു പോകുന്നത് എന്താണെന്ന് പോന്നെ തുമ്പോ വിപത്തിന മനസ്സിലാണ് ആപത്തുകളിൽ വിപത്തുകളിൽ മുഴിപ്പോകും അവരുടെ ബുദ്ധി ആപത്തുകളിൽ മുഴുകാതായപ്പോഴും അതിനുപരിയായി വിചാരത്തിന്റെ ഫലമാണ് എല്ലാ ആപത്തുകളെയും അവർക്ക് ചിന്ത കൊണ്ട് കൈകാര്യം ചെയ്യാമെങ്കിൽ എന്നുള്ള ഞന്മാരാണെങ്കിലും ആപത്തുകളിൽ മുഴുകി നിരന്തരം ദുഃഖിക്കും അങ്ങനെയല്ല വിചാരത്തിൻ്റെ പ്രയോജനം ആ പ്രയോജനത്തെ വർണ്ണീകരിക്കണം എന്തൊക്കെ പ്രയോജനമുണ്ട് വിചാരം ചെയ്യുന്ന മനസ്സിന് ആപത്തം നമുക്ക് രക്ഷ പ്രയോജനമാണ് വർണ്ണിച്ച് വർണ്ണിച്ചു പോവുകയോ കേരളം വർണ്ണനകൾ അതിനോട് കൊണ്ടിരിക്കുകയാണ് വർണ്ണനകളായതുകൊണ്ട് പുതിയൊരു കാര്യം പറയുന്നു വർണ്ണിക്കും പർവ്വതത്തെ വർണ്ണിക്കുമ്പോൾ വർണ്ണിക്കുകയോ സമുദ്രത്തെ വർണ്ണിക്കുക സാഹിത്യരസികന്മാരുടെ വർണ്ണനകളായുള്ളതിന് യാഥാർത്ഥ്യമായിട്ട് ബന്ധം പറഞ്ഞൊന്നുമില്ല വളരെ ചൂണ്ടി കവിയുടെ ഭാവനയാണ് വർണ്ണനകളിലൂടെ കൂടുതലായൊന്നും കിട്ടാറില്ല അടുത്ത ഇരുപത്തി അഞ്ചിനോ ബാലസ്യ സ്വമനോമോഹ കൽപ്പിത പ്രാണഹാരക രാത്രി നഭസി ഏതാണോ വിചാരി ഞാനിവിടെ മുതലൊരട്ടം മാറ്റം ഫലത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ബാലസ്യ സ്വമനോമോഹകൾക്കിന് ഒരു സംബന്ധിച്ച് എന്റെ മനസ്സിന്റെ മോഹം വിഭ്രാന്തി കൽപ്പിതമാണ് എന്റെ പ്രാണഹാര കഥ തന്നെ പിടിച്ചതിൽ നിന്ന് രാത്രിവും നമസി വേദാവ രാത്രിയിൽ ആകാശസ്ഥ പറയുന്നത് ഇത് ഇവിടെ ഒരുപാട് പേര് പിശാജ് ബാധിച്ചവരൊക്കെ ഉണ്ട് ഞാൻ ഇത് പ്രയോജനം ഉണ്ടെന്നുള്ളത് പിശാജി ബാധിച്ചുകൊണ്ടുകൂടി ആശ്രമത്തിൽ നിന്ന് ആൾക്കാർ എല്ലാ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ മാത്രം പിശാച ഉച്ചാടനം ചെയ്യാൻ വേണ്ടി ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതും ധാരാളം നടക്കുന്നു ഇതെന്താണ് ഈ പിശാചെന്ന് പറയുന്നത് പറയുന്നു വളരെ കുട്ടിക്കാലത്ത് നമ്മൾ ചെറുതായിരിക്കുമ്പോ മാതാപിതാക്കൾ വിവരമില്ലാത്ത മാതാപിതാക്കളൊന്നും രാത്രി വീട്ടിൽ പുറത്തിറങ്ങാതിരിക്കുകയാണെങ്കിൽ രാത്രി കഴിയുമ്പോണ്ടോ ആകാശത്തിന് അവിടെ ഒരു പിശാചുണ്ട് നീ പുറത്തിറങ്ങിയാൽ നിന്നെ പിടിച്ചു തരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കും ചെറിയ പ്രായത്തിനെ മനസ്സിനെ കടത്തി കൊടുക്കുന്ന ഈ ഭയം ഇതാണ് നമ്മുടെ മനസ്സിൽ പിശാചായിട്ടിരിക്കുന്നത് അത് മനസ്സിനും ദൃഢമായി ഇത് വളർന്നു കഴിഞ്ഞാൽ മാറും മാറത്തില്ല ഈ പിശാചെപ്പോഴും ജീവിതകാലം പിടിക്കാൻ പിറകോ ഓടിയിരുന്നു ഇതൊന്നും മോചനം എടുക്കാൻ വെറുതെ കടത്തി വിട്ടതാണോ അവർ പേടിപ്പിക്കാൻ പറ്റില്ല അവർക്ക് ബോധമില്ലാതെ അവരെന്തുകൊണ്ട് കടത്തിവിട്ട് അവരുടെ ഉള്ളിലും ഇതുപോലെ പിശാചുകൾ കടത്തിവിട്ടു അവരുടെ മാതാവിനാവും അങ്ങനെ അങ്ങനെ അങ്ങനെയായി പൂർവുകന്മാർ കടത്തിവിട്ട ഒരു സാധനമാണ് പരമ്പരയായിട്ട് എവിടെയെങ്കിലും വെച്ച് ഈ പിശാചിനെടുത്ത് പുറത്ത് കളയാണ് പിശാച ഭൂതം ഏലം യക്ഷി ചാമുണ്ടി പിന്നെന്താണ് രക്തരക്ഷസ് കളിയങ്കാട്ട് നീലി ഇങ്ങനെ കുറെ സാധനങ്ങളാണ് കുട്ടിച്ചാത്ത് ഇതെല്ലാം ാലത്ത് ഭയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിറ്റും മാനസിക വിഭ്രാന്തികൾ മാത്രമാണ് ഉള്ളിലെ ഭയപ്പെടുത്തിക്കൊണ്ടേരക്ഷയില്ല പറയുന്നു ഇതെല്ലാം ഈ വേദാളങ്ങളെല്ലാം വിചാരി ശരിയായി ചിന്തിച്ചഴിഞ്ഞ് ഇതെല്ലാം പോയി കുട്ടി എങ്ങനെ ചിന്തിക്കും എന്നാണ് കുട്ടി ചിന്തിക്കാൻ പറ്റുന്നുണ്ട് മുതിർന്നു കഴിഞ്ഞാൽ മുതിർന്നു കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ കുറിച്ച് ശരിയായി ചിന്തിച്ചു കഴിഞ്ഞ കുട്ടിക്കാലത്ത് എന്റെ മനസ്സിൽ കിടത്തിവിട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ എഴുതുകൊണ്ട് കടന്നിട്ടുണ്ട് കുട്ടികളൊക്കെ കിടക്കി മൂത്രം ഒഴിക്കുക ഇതൊക്കെ ഈ ഏതാളം വന്ന് സ്വപ്നത്തെ ശര്യപ്പെടുത്തുന്നതാണ് ഒരു പ്രധാന കാരണം മാതാപിതാക്കൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു വളർന്നു കഴിഞ്ഞാലും വിചാരീതി ഇതിനെ പുറത്തു കണയ കഴിയും ഇതും കൊണ്ടാണ് പിശാചാരം വിചാരണ വിധേയം മുതിർന്നു കഴിഞ്ഞാൽ അതിന് വിചാരക്ഷമതയുള്ളത് ഇതൊക്കെ അത് തോന്നലാണ് അസത്യമാണ് നമ്മുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചാണ് അങ്ങനൊരു സാധനയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ വലിയതേ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാണ് എന്റെ മനസ്സിലും കുട്ടിക്കാലത്തുണ്ടായിരുന്നു ഇപ്പൊ ഒരു യക്ഷിയും ഒരു ബോധവും ഒരു വിചാരില്ല അത് വേദാന്തം പഠിച്ചുകൊണ്ടാണോ ഒരിക്കലും അല്ല വേദാന്തം പഠിച്ചാൽ ചിലർക്ക് ഇതൊക്കെ ഉള്ളൂ കാരണം അതിലും വരും ഈ യക്ഷിയും മൂന്നും വിശാഖ അതുകൊണ്ടല്ല മാറുന്നത് ചിന്താശേഷി വർദ്ധിക്കും ചിന്താശേഷി വർദ്ധിച്ചാലേ പറ്റും ഇതിനൊന്നും വേദാന്തവൻ മറുവരുന്നു ഈ യക്ഷിയും ഭൂതത്തെയും പ്രേതത്തെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പൂജയും മന്ത്രവാകുന്നതിന്റെ ജീവിതത്തെ എത്രയോ അവര് പൊതുജനങ്ങളുടെ ഒക്കെ പോയി വേദാന്ത പ്രസംഗിച്ച് സ്വകാര്യ ജീവിതത്തിൽ യക്ഷെ ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആവാഹിക്കും എല്ലാ ശുദ്ധ അസംബന്ധം ദൃഢമായി ചിന്തിക്കാനുള്ള ശേഷി മനസ്സുകളുണ്ടാവും അത് അതിനുശേഷി മനസ്സിലാണ് ഇത് മിഥ്യയാണെന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് അസംബന്ധമാണെന്ന് മനസ്സിലാക്കുന്നത് ഇത് മിഥ്യാണെന്ന് മനസ്സിലാക്കി എന്താ കുഴപ്പം വരുന്നത് ആഹ് ഇത് വ്യവഹാരത്തിൽ സത്യമാണ് വീണ്ടും എന്ന് പറയുക അടക്കം പിടിക്കാൻ അതാണ് ഈ വേദാന്തിക്കു പറ്റുന്ന ഒരു വലിയ അബദ്ധം വേദാന്ത പ്രീതൊക്കെ മെറ്റിയാണെന്നോ പക്ഷെ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് മെത്തിയാനെന്താ വ്യവഹാരത്തിനുണ്ടാകാം വ്യവഹാരത്തിൽ ഭൂതം പ്രേതമൊക്കെ ഒന്ന് പിടിക്കാമെന്നൊന്നുമില്ല ഇത് വ്യവഹാരത്തിനില്ല അതാണ് മനസ്സിലാക്കുന്നത് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല ഈ കുട്ടിക്കാലത്ത് നമ്മളിൽ അടിച്ചേപ്പിച്ചത് കൊണ്ട് നമ്മളത് പക്ഷേ കളർന്നു കഴിയുമ്പോഴങ്കും വിചാരം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നതൊക്കെ അസംബന്ധമാണ് അങ്ങനെയൊന്നുമില്ല നഭസ്യ രാത്രിവും ഇതൊക്കെ നമുക്ക് പ്രത്യേകപ്പെട്ടത് ആ ബാല്യകാലത്ത് ഇരുട്ടത്ത് രാത്രിയിൽ ആകാശത്തിൽ കണ്ട കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ കൊന്നും അത് വന്നിട്ടില്ല വളരെ കാണും ഇത് പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഈ പ്രേതങ്ങളെയും മേധാവിളങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും കുട്ടിക്കാർ ഇത്തരം ഭൂതങ്ങളെയും പ്രേതങ്ങളെയും കുറിച്ച് മേടിക്കുകയും എല്ലാരും പോലെ തന്നെ പക്ഷെ മുതിർന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് അസംബന്ധങ്ങളും മനസ്സിലാക്കി വരിക പക്ഷെ എവിടെയെല്ലാം വിജയമായ സ്ഥലത്ത് കാട്ടുകൾ ഗുഹയിലും ഇവിടെയെല്ലാം പോയി താമസിച്ച് കട്ടേക്ക് താമസിച്ച് ഇപ്പോഴും കട്ടിക്ക താമസി എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഒരു പ്രേതവും പിശാചും ഒരു യക്ഷിയും വരാറ് എനിക്ക് യക്ഷി ഓടിക്കാൻ വേണ്ടി ഇരുമ്പും ഇരുമ്പി ചുണ്ണാമ്പം തൊട്ടോ നടക്കേണ്ട ഒരു ആവശ്യമുണ്ട് പല സ്വാമിമാരും അങ്ങനെ നടക്കുന്ന സ്വാമിമാരെ ഞാൻ കണ്ടോളു പേനാ കത്തി എന്ന് പറയും ചെറിയ കത്തി ഒരു ചെറിയ വിക്സിന്റെ ഡബ്ബുണ്ടല്ലോ ചെറിയ അതിനകത്ത് ചുണ്ണാമ്പ് പോക്കറ്റിട്ട് കൊണ്ടുനടങ്ങി ഒരു സ്വാമി ഞാൻ കിട്ടും വിക്സിന്റെ ഡബ്ബേ ചുണ്ണാമ്പ് കൈ തെറ്റാനാകും ഞാൻ ചോദിച്ചതിന് നടന്നു ഒരുപക്ഷെ വന്നു കഴിഞ്ഞാ ഇതാണ് അതിന്റെ കത്തി എടുത്ത് വിക്സിന്റെ ഡബ്ബയിൽ ചുണ്ണാമ്പിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി ഓൾ ആ അതൊക്കെ ഇത് ഉള്ളിലിരിക്കറിയാമല്ലോ എന്റെ കയ്യിൽ സാധനമൊക്കെ ഉണ്ടല്ലോ കടന്നാക്രമിക്കും രക്ഷിയെന്ന് വെച്ചാൽ അവളെ കരമായി അടുത്ത് വന്നു കൊച്ചു ലോകം ചോദിച്ചതിന് ശേഷം അവ സമയം കിട്ടുന്ന സാധനം ഉണ്ടായിരുന്നില്ല ഇതൊരു സ്വാമിയുടെ കയ്യിൽ കൊടകീയ ജീവിതം ഏതെല്ലാം ബിഡ്ഡീണം എന്തൊക്കെ കാണിച്ചു എന്ത് ഇപ്പോഴത്തെ കുട്ടി പല കുട്ടികളെയും അറിയാം ഈ ഒറ ഫിലിംസ് ഒക്കെ കണ്ട് ഈ പ്രേത സിനിമയും കണ്ട് ഏ ആ ഉറച്ച് പത്ത് നാലഞ്ച് വയസ്സായവരെ ഇവർ രാത്രി മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങത്തില്ല അച്ഛനും കൂടപ്പം പലരും എന്നോട് പരാതി വന്നിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികളും വന്നു പണ്ടങ്ങനെ പറഞ്ഞുപോടിപ്പ് ഇങ്ങനെ അപ്പൊ ഇതൊക്കെ അസംബന്ധമാണെന്ന് ഇതൊന്നും മനസ്സിൽ പിടിച്ചു പോകും നമ്മുടെ കുട്ടിക്കാലത്തൊന്നും സിനിമ ആണെന്ന് അതുകൊണ്ട് അതിന്റെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതിനെ പേടിപ്പിച്ചിട്ടുണ്ട് അടുത്തു പറയുന്നു അദ്വൈതത്തെ കുറിച്ച് സർവദേവ ജഗത്ഭാവ അവിചാരേണ അവിദ്യമാന സദ്ഭാവ അവിചാര ശരാരം സർവേവ ജഗത്ഭാവ എല്ലാ ജഗത്തും ഇതിന് അദ്വൈതം പറയുമോ അവിചാരേണ ചാര വിചാരം വിചാരിക്കുന്ന വളരെ മനോഹരമാണ് വിചാരം സത്യബോധമുള്ളതുകൊണ്ട് വളരെ മനോഹരമായി അനുഭവപ്പെടുന്നു വസ്തുക്കൾ അവിദ്യമാനസദ്ഭാവ ഞങ്ങളടുത്ത് വീണ്ടും നടക്കുന്നു പരമാർത്ഥത്വം അതിനൊന്നും ഇല്ല അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടാണ് അദ്വൈതം ബൗദ്ധം ഇവിടെയൊക്കെ കാഴ്ചപ്പാടാണ് അവിദ്യമാനസദ്ഭാവം പറയുന്ന രണ്ടു കൂട്ടരാണ് അദ്വൈതം ബൗദ്ധ വിചാരത് ശരാ വിചാരം കൊണ്ട് പൂർണ്ണമായും ശിച്ചു പോകുന്നവ ശരും ചിരഹിംസാര് ചില വന്തിയൂരാരും ഹോപ്പാണെങ്കിൽ പറയും വന്താരും വന്ദിക്കുന്നവൻസരും ഹിംസിക്കുന്നവൻ വിചാരം ഇവയുടെ എല്ലാം ഹിംസകനാണ് ഇത് സാറിന് പറയുന്ന കാര്യമാണ് നമുക്കറിയാനുള്ള കാര്യമാണ് നിജ മനോമോഹകൽപ്പിതോ അൽപദുഃഖ സംസാര ചിരവേദാളോ വിചാരേണ വിധിയതേ അനൽപദുഖ മനുഷ്യന് നിജ മനോമോഹകൽ സ്വന്തം മനസ്സിൽ വിഭ്രാന്തികൾ കൊണ്ട് കൽപ്പിതമായിരിക്കുന്ന അനൽപദുഃഖത വളരെ ദുഃഖം നൽകുന്നതായ സംസാര ചിരവേദാവം സംസാരം എന്ന ചിരം ദീർഘഗാനമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഈ കിസാരി വിചാരങ്ങളിലേക്കെ അത് വിചാരം വരെ ഇത് സംസാരമാകുന്ന വിചാരമാണ് സമം സുഖം നിരാപാധം അനന്തം അനപാശ്രയം വിധീമം കേവലീഭാവം വിനോഫലം സമമായിരിക്കുന്നു സുഖം സുഖമായിരുന്നു നിരാഭാധം ഒരിക്കലും ബാധ സംഭവിക്കുന്നില്ല അത് അദ്വൈതത്തെക്കുറിച്ച് പറയാം അനന്തമാണോ അനപാശവും നിരാശ്രയവും ഒന്നിനെ ആശ്രയിക്കാതെ വിധിയിലും കേവല കേ ഈ കേത്തെ ഏകത്വത്തെ അദ്വൈതത്തെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതാണ് വിചാര ഉച്ച ഫലം വിചാരമാകുന്ന ഒരു ഉയർ വൃക്ഷത്തിന്റെ ഫലമാണ് കേവി ലീഭാവം അതിന്റെ വിശേഷണമാണെന്ന് പറഞ്ഞ കമമാണ് സുഖമാണ് നിരാഘാതം അനന്തമാണ് നവാസി ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് വീണ്ടും വിശദീകരിക്കേണ്ട കാര്യങ്ങൾ അചിലിതി ഉദാര പ്രകട്ട ആഭോകത്തെ നിഷ്കാമതാവുദേവി സീത ഉദിതാശീത ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ ചന്ദ്രന്റെ കുളർമ പോലെ ഉദിതമായ എന്തോന്ന് ഉദിച്ചു വരുന്നത് അതിന്റെ കുളിർമ പോലെ എന്താണ് സംഭവിക്കുന്നത് അചലസ്ഥിത സ്ഥിതിത അചലമായ സ്ഥിതി ഇളകാത്ത സ്ഥിതി ഉദാര അത് വളരെ ശ്രേഷ്ഠമാണ് പ്രകട ആഘോക തേജസ് ആഭോ പരിപൂർണതമായ തേജസ് പ്രകടമായിരിക്കുന്ന പരിപൂർണ തേജസ്സായ അതുകൊണ്ട് നിഷ്കാമതേ നിഷ്കാമത്വം ഒരുവരൻ ഉണ്ടാവുന്നു എന്താണെന്നൊന്ന് പറഞ്ഞാൽ കേവൽ ഈ ഭാവം ഏകത്വസ്ഥിതി അതും അദ്വൈതത്തിൻ്റെ കാര്യങ്ങളാണ് അതിന് വിശദീകരണം ആവശ്യമില്ലെന്ന് തോന്നുന്നു സ്വവിചാര മഹോഷദ്ധ്യ സാധുചിത്ത നിഷണ്ണയ തയാ ഇവിടെ മോഡലെ പറയുന്നത് ജീവൻ മുക്തിയെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്ന ജീവൻ മുക്തി ശങ്കരായത് പറയുന്ന ജീവൻ മുക്തിയാണ് വ്യത്യാസമല്ല അതുകൂടെ നമുക്ക് മനസ്സിലാവും സ്വവിചാരോഷ തന്റെ വിചാരമാകുന്ന മരുന്നുണ്ട് സാധു ചിത്തനിഷ്ഠമായ സാധു ചിത്തത്തിൽ സ്ഥിതി ചെയ്യുന്നതായ ഉത്തമത്വപ്രദയ ആ ഉത്തമത്വത്തെ നൽകുന്നതായ ആ ഔഷധമുണ്ട് നാഭിമഞ്ജലി നോച്ചതി അപ്പോ സാധുവായിരിക്കുന്നതാണ് ചിത്ത നിഷണ്ണയ ചിത്തത്തിൽ സ്ഥിതി ചെയ്യുന്ന നിഷന്നൊന്നുമില്ല സ്ഥിതി ചെയ്യുന്നു ശത്രുവിസരണം വ്യത്യാവസാദി അതിൽ നിഷ്ഠേട രൂപവും അതിൽ സ്ഥിതി ചെയ്യുന്നതായ സ്വന്തം വിചാരമാകുന്ന മഹൌഷത്തിൽ മരുന്ന് അത് ഉത്തമത്വപ്രതയ ഉത്തമത്വത്തെ നൽകുന്ന എന്ന് പറയുമ്പോൾ ആറി അതിനാണ് അവിദ്യ അതിനാണ് പറയുന്നത് ഇവിടെ പറയുന്ന കേവലീ ഭാവം അതിനുള്ള വിദ്യ അറിവ് അതുകൊണ്ട് നാഭി വാങ്ങിച്ചത് എന്ന് വിളിച്ച അങ്ങനെ ഒരു അറിവ് വന്നു അവരൊന്നും ആഗ്രഹിക്കുന്നില്ല ഒന്നും ഉപേക്ഷിക്കുന്നുണ്ട് ശരിയായ വിദ്യ കൊണ്ട് വന്നു ഒരാൾ ആഗ്രഹിക്കുന്നില്ല ഉപേക്ഷിക്കുന്നു ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് സംഗ്രഹരംഗീകരിക്കും ആഗ്രഹിക്കുന്ന അവൻ സ്വർഗാദി സുഖങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല ഉച്ച ഉപേക്ഷിക്കുന്നില്ല എന്ന പൂർണ്ണമായും അംഗീകരിക്കും അറിവുകൊണ്ട് അറിഞ്ഞുകഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം കർമ്മത്തെ ഉപേക്ഷിക്കണം എന്നാണ് സംഗ്രഹയുടെ നിലപാട് സന്യാസം ഇവിടെ ഈ സന്യാസത്തെക്കുറിച്ച് പറയും പക്ഷെ ഉപേക്ഷിക്കുന്നത് സന്യാസം സന്യാസം കേവലം ഒരു മാനസികമായ അസംഗമായ ഗീതിയിൽ പറയും നിസ്സംഗമായ അവസ്ഥയാണ് സന്യാസം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കർമ്മത്ത് ഉപേക്ഷിക്കേണ്ട കുടുംബത്തെ ഉപേക്ഷിക്കേണ്ട വേണ്ടപ്പെട്ടവരും ഉപേക്ഷിക്കില്ല മാനസികമായ അണെങ്കിൽ നില കേൾച്ചാൽ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് ഇനി തുറന്നു പറയുന്നു അതെ അത് ശരിക്കും ഒരാത്മാവിന്റെ സ്വരൂപം പോലെയാണ് ഇങ്ങനെ ഉദാസീനോദാസീനോ ഗുരു വിചാരണത്തെ പറയുന്നത് ഉദാസീനത എന്ന് പറയുന്ന ആത്മാവിന്റെ ഒരു സ്വരൂപമാണ് അതേപോലെ ഒരവസ്ഥയിലേക്ക് ആത്മാവിനെ അറിഞ്ഞു തന്നെ ആത്മാവിനെ പോലെ തന്നെ നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് അവിടെ വന്നു പോകുന്നതിനൊന്നും ദോഷിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നില്ല ഒന്നും നേടാനുമില്ല ഒന്നും ഉപേക്ഷിക്കാനുമില്ല അങ്ങനെ ഒരു മനോഭാവം ഇത് ശങ്കരാചാര്യം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് പൂർണ്ണമായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇതിന് സമാനമായുള്ള കാര്യങ്ങൾ വരുമെങ്കിലും ആത്യന്തികമായിട്ട് നിലപാടെന്താണ് മുഖ്യം തപ്പ ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ ത്യാഗമാണ് മുഖ്യം തിരിച്ചും അറിയാവും തിരിച്ച ഒരുപാട് ധരിക്കും ആദ്യം തിരിക്കുകയല്ല സ്വന്തം കുടുംബത്തെ തന്നെ തിരിക്കും ഇതാണ് ഈ കുടുംബം ത്യജിക്കുക എന്ന് പറയുന്ന ഈ ആശയത്തെ വലിയ പ്രചാരം കൊടുത്തൊരു ശങ്കരാചാര്യ ഈ ആശയം ഇവിടെ നിന്ന് കിട്ടി ആ ബൗദ്ധന്മാരിൽ നിന്ന് കിട്ടിയാണ് ഈ കുടുംബത്തിയാകുമെന്ന് പറയുന്നതിന് ശങ്കരാചാര്യെ അതുപോലെയൊക്കെ സ്വീകരിച്ചു അതുകൊണ്ടാണ് ശങ്കരാചാര്യ പ്രച്ഛന്ന ബൗദ്ധനെന്ന് പക്ഷെ ഇവിടെ അങ്ങനെയാണ് നിലപാട് കുടുംബത്യാഗം എന്ന് പറയുന്നത് പിന്നെ പല ദയാഗങ്ങളുണ്ട് കർമ്മത്യാഗം രാഗദ്വേഷാദികൾ തേജി അതെല്ലാം ഉണ്ട് പ്രധാനമായി വരുന്ന ഈ കുടുംബത്യാഗത്തെവിടെ പോയി ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നു അവിടെ ജനകന്റെയും മറ്റും നിലപാടാണ് പറയുന്നത് ഇവിടെ രാമൻ മാതൃകയായി കാണിച്ചു കൊടുക്കുന്നത് അപ്പോ ഈ തത്വജ്ഞാനത്തെക്കുറിച്ചും അതിന്റെ പ്രയോജനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വരുന്ന തലമുറ ഇതേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാസിഷ്ടത്തിന്റെയോ ഇനിയേ പറയണം അല്ലാതെ ലോകത്തെ തെജിക്കുക എന്ന് പറയുന്നത് ഇനി ആൾക്കാരെ പറഞ്ഞുകൊടുക്കാനും ബോധ്യപ്പെടുത്താനും ഒക്കെ വേണ്ടി പാടാണ് കാരണം അതിനാളെ കിട്ടാൻ പ്രയാസം ആളെ കിട്ടാൻ പ്രയാസം നോർമലായ ആൾക്കാളെ കിട്ടാൻ പ്രയാസം എന്നോടൊപ്പം വലിയ ബുദ്ധിമുട്ടായി വാസിഷ്ഠം നമ്മൾ ഭാസമാഗതം നാസ്തമേ എന്നെ ചുദേരി ഖം ഇതമ്മ ഖം ഖമ്മന്ന സൊമ്മന്നീതി സൊമ്മന്നാണ് എനിക്ക് ഒന്നും അത് ഖമ്മന്നാണ് വേണ്ടതെന്നാണ് ഇവ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്വം പറഞ്ഞ ഇവ വരാൻ പറഞ്ഞു പെൻഡിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും അത് സ്വ മനോമോഹത്താക്കും അത് ശരിയാണ് ആ പക്ഷെ അത് പെൻഡിംഗ് മിസ്റ്റേക്ക് വ്യത്യാസം ഉണ്ടാകും ആ ശരി പക്ഷെ കണ്ട് തിരിച്ചറി നിങ്ങളുടെ കണ്ണിൽ നിന്ന് പറ്റുന്നില്ല പിന്നെ എന്റെ കണ്ണിൽ നിന്ന് പഴയ കണ്ണില് ഖമ്മന്നേ വരുവോ കാരണം വന്ന ഖമ്മേ വരും സ്വം എനിക്ക് പറയും തത്പതാലംബനം ചേത തത്പദത്തെ ആശ്രയിച്ചിരിക്കുന്ന ആ ചേതസ് മനസ്സ്ഫാരം ആഭാസമാകണം വിശദമായ ആഭാസം ആഭാസം പ്രകാശമെന്നാണ് ഭാസ്ത്രദീപ്തവും അതിനെ പ്രാപിച്ചിരിക്കുന്നു ദീപ്തമായ മനസ്സ് പ്രകാശപൂർണമായ മനസ്സ് അറിവുകൊണ്ട് നിറഞ്ഞ മനസ്സെന്ന് അങ്ങനെയുള്ള ചെലസ് അതിനടുത്ത് പറഞ്ഞിരിക്കുന്നു അതിത അന്തരം അതിവിസ്തൃതമായിരിക്കുന്ന മനസ്സ് വിശാലമായ മനസ്സല്ല തത് വിസ്തൃതം ഖമിവ ആകാശത്തെ അസ്തമയതും ഒക്കെ അസ്തമിക്കുന്നില്ല കുതിക്കുന്നില്ല നശിക്കുന്നില്ല ഉണ്ടാകുന്നില്ല മനസ്സ് തന്നെ വിസ്തൃതമായിരിക്കും അത് മുമ്പോട്ടേ പലയിടത്തും പറയും ഈ മനസ്സെന്താണത് ആത്മാവ് തന്നെയാണ് നമ്മളെ പറയും മനസ്സാത്മാവിൽ നിന്ന് കേട്ടൊന്നല്ല എന്ന് പറയും ഇവിടെ വാച്ചിട്ട് അദ്വീതത്തിലുള്ള ആത്മാവ് വേറെ മനസ്സ് വേറെ എന്നൊക്കെ വേർതിരിച്ച് പറയുമെങ്കിലും അശിഷ്ടത്തിൽ പറയുന്ന മനസ്സെന്ന് പറയും മനസ്സെന്ന് പറഞ്ഞാൽ താറും അറുപത്മാവസ് ആത്മാവ് തന്നെ നോക്കി ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഈ വേദാന്തത്തിലെ പ്രകടനങ്ങൾ പഠിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ അസിഷ്ടം പലയിടത്തും നമുക്ക് ആശയ കുഴപ്പമുണ്ടാകും ഇതെന്തായി പറഞ്ഞു മനസ്സെങ്ങനെ ആത്മാവാണ് അങ്ങനെയും പറയും ഇനി മനസ്സ് വേറെയാണെന്നും പറയും അതും പറയും അതും എല്ലാം പറയും മാസം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യാതിരിക്കുന്ന ആന്തരികമായി ഇന്നും വിസ്തൃതമായി എന്ന പ്രകാശപൂർണമായി ആ ചേതസ് ആ ചേതസ് ആത്മാവ് തന്നെ ആത്മാവിൽ നിന്നും അദ്വൈതികൾ പറയുന്ന അന്യത്വ്യക്തി അനുസരിച്ച് നോക്കിയാലും ആത്മാവിൽ നിന്ന് വേറെക്കൊരു മനസ്സില് അങ്ങനെ ഉള്ള ഒരു മനസ്സ് അതാണ് ഇവിടെ ജീവൻ മുക്തന്റെ അടയാളമായി പറയുന്നത് വിശാലമായ മനസ്സ് എല്ലാത്തിനും ഉൾപ്പെടുന്നതും മനസ്സ് എന്നർത്ഥം വിവേക പ്രകാശം മനസ്സ് എന്ന ദാതിന്റെ ആദത്തെ നിജ ഉന്നമതി കേവലം സാക്ഷിപത്വം ജഗത് ആഭോഗ്യതിഷ്ഠതി ഒന്നിനെ സ്വീകരിക്കുന്നില്ല ദക്കുന്നില്ല നജ ആദത്തെ ഒന്നിനെ സ്വീകരിക്കുന്നുമില്ല കൊടുക്കുന്നില്ല സ്വീകരിക്കുന്നില്ല ഇത് പറയുന്ന എന്താണ് പഴയകാലത്തെ ദാനം പ്രതിഗ്രഹം എന്നുള്ള ആശംവിച്ചു കൊണ്ടാണ് പറയുന്നത് ഒരു കൂട്ടർ ദാനം കൊടുക്കുന്നു വേറൊരു കൂട്ടര് എന്നെ സ്വീകരിക്കുന്നു പറയുന്നത് എന്നാൽ ദാപ് ഒന്നും കൊടുക്കുന്നില്ല ഒന്നും സ്വീകരിക്കുന്നില്ല ശാമ്യതി ഒന്നും ശമിക്കുന്നില്ല ഒന്ന് ഉയർന്നു വരുന്നു ഉദയവും അസ്തമയുമില്ല എന്ന് പറയുന്നു മാനസിക നിലയെക്കുറിച്ച് പറയണം കേവലം സാക്ഷിപത് പശ്യ സാക്ഷിയപ്പോലെ പ്രത്യേകം മനസ്സിലാക്കണം സാക്ഷിപത് സാക്ഷ്യം എന്ന സാക്ഷിപത് എന്ന് പറയുമ്പോൾ സാക്ഷിയല്ല സാക്ഷിയപ്പോലെ പശ്യ ജഗത് ആഭോഗി ജഗത് പ്രകാശത്തോടുകൂടിയതായ ജഗത്ത് പശ്യതയും കണ്ടുകൊണ്ടിരിക്കുന്നു പൂർണതയോടുകൂടിയ പൂർണതയുള്ളതായ ആഭോഗം എന്ന് വെച്ചാൽ പൂർണ്ണത ആഭോകം ഉള്ളതായ പൂർണതയുള്ളതായ ആ ജഗത്തിനെ ഈ പറയുന്നത് ഞാനിവിടെ അനുഭവത്തിൽ ഒരു ന്യൂനതയും ഓരോരുത്തരും ഒരു ന്യൂനതയും കാണും എല്ലായിടത്തും പരിപൂർണതയെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ആഭോകി ജഗത് പശ്യൻ തിഷ്ഠതി എല്ലാം ഒരു സാക്ഷിഭാവത്തെ എന്നുള്ള പറയുന്നത് ഒരു സാക്ഷിയെ പോലെ ഈ സാധാരണ അദ്വൈതരത്ത് പ്രയോഗിക്കുന്ന ഒന്നാണ് സാക്ഷിഭാവം നിഗവാറിമേദി പ്രയോഗിക്കുന്ന അറിയാമ്യാവ എന്താണ് ഈ പറയുന്നത് അതിനെ കുറിച്ചുള്ള ബോധമില്ലാതെ സാക്ഷിഭാവം എന്ന് പറയുന്നത് അത് കേവലരെ കൃത്രിമമായ ഒരു ഉപാസം അല്ലെങ്കിൽ ധ്യാനം അദ്വൈതത്തെ സംബന്ധിച്ച് ധ്യാനം ഉപാസനം എല്ലാം പറയുന്നത് കൃത്രിമമാണ് അത് യഥാർത്ഥമായൊരു കാര്യമല്ല കൃത്രിമമായി ചെയ്യുന്നതാണ് എല്ലാ ഉപാസകൾക്കും ധ്യാനവും പക്ഷെ പ്രയോജനം ഉള്ളതുമാണ് പ്രയോജനമില്ലാന്ന് പറയും എന്തുകൊണ്ടാണ് കൃത്രിമം എന്ന് പറയുന്നു ധ്യാനം കൃത്രിമമാണെന്ന് എന്തുകൊണ്ട് പറയും അത് വസ്തുനിഷ്ഠമായ ജ്ഞാനമാണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്തത് പുസ്തകത്തെ പുസ്തകമായി അറിയുന്നു ഉപാസനയല്ല ധ്യാനമല്ല അത് ജ്ഞാനമാണ് അതറിവാണ് അതാണ് ശരിയായ അപ്പോ തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്റെ ശരീരത്തെയോ അല്ലെങ്കിൽ ലോകത്തിനോ ഒക്കെ താൻ സാക്ഷിയാണ് കരുതുന്നു എന്ന് വെച്ചാൽ അതൊരു ധ്യാനമാണ് അതൊരറിവല്ല ജ്ഞാനമല്ല എന്തുകൊണ്ട് അത് കർത്തൃതന്ത്രമാണ് എനിക്കങ്ങനെ ഒരാഗ്രഹമെന്ന് ഞാൻ പ്രവർത്തിക്കുന്നു വസ്തുതന്ത്രമായൊരു കാര്യമാണ് ധ്യാനം എല്ലാം അങ്ങനെയാണ് സംഗ്രഹാരി ജ്ഞാനം ധ്യാനം അല്ല എന്ന് പറയും ഉപാസനല്ലേ വേർതിരിച്ചറിയണമെന്ന് അത് ശരിയാണ് കാരണം രണ്ടുപേരെ തൊണ്ടി എനിക്കതിന് സാക്ഷിയാകാം പ്രയാസമുള്ള കാര്യമില്ല അത് ജ്ഞാനമാണ് അവിടെ ഞാൻ സാക്ഷിയാകും എന്തുകൊണ്ടിരില്ല രണ്ടുപേരോട് പോകുന്നു അടിപിടി കൂടുമ്പോഴത്തേക്കും ഞാൻ ഈ രണ്ടുപേരിൽ നിന്ന് വേറെയാണ് വേറെ ആയതുകൊണ്ട് എനിക്കത് ഞാനതിന് സാക്ഷിയാകാം അത് ജ്ഞാനമാണത് ഉപാസന പക്ഷെ ഞാൻ സ്വയം എന്റെ മനസ്സിന് അല്ലെങ്കിൽ എന്റെ വികാരങ്ങൾക്ക് എന്റെ ശരീരത്തിന് അല്ലെങ്കിൽ അദ്വൈതകൾ പറയുന്നതിന് പഞ്ചകോശങ്ങൾ ശരീരത്രയും അതിന് ഇതെന്തിനെങ്കിലും ഞാൻ സ്വയം സാക്ഷിയാകുന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാൻ സാധിക്കില്ല എന്തുകൊണ്ട് കാരണം അതിന് വേണമെങ്കിൽ എന്തുവേണം രണ്ടുപേരും അടിപൊളി കൂടുമ്പോൾ ഞാൻ മാറി നിൽക്കുന്നു ഞാനവിടെ വേറെയാണ് അവിടെ ഞാൻ എന്നെ അറിയില്ല എന്നെ എന്തായിട്ട് അറിയുന്നു കാണുന്നവനായി അറിയുന്നു അടിപിടി കൂടുന്നത് കാണുന്നവനായി എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നു അപ്പൊ ഞാൻ എന്നെ അറിയുന്നത് അനുഭവമാണ് വസ്തു നിഷ്ടമായ ഞാനത് എന്റെ മുമ്പിൽ അടിപിടി കൂടുന്നവരറിയും വസ്തു നിഷ്ടമായ ഞാനാണ് അപ്പൊ അവിടെ സാക്ഷി ആണ് ഞാൻ ശരിക്കും ഇവിടെ എങ്ങനെയാണോ ഒരു സാക്ഷി അതുപോലെ എന്നർത്ഥം പോലെ എന്താ പറയുക എനിക്ക് എന്റെ ശരീരത്തിൽ നിന്ന് മാറി എന്ന് നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല എന്റെ മനസ്സിൽ നിന്ന് എനിക്ക് മാറിയിരിക്കാൻ കഴിയത്തില്ല എന്റെ വികാരങ്ങളിൽ നിന്നും എനിക്ക് മാറിയിരിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ടത് എന്തുകൊണ്ടാണ് ഈ ശരീരവും ഈ മനസ്സും ഈ ഇന്ദ്രിയങ്ങളും ഈ വികാരങ്ങളും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഞാൻ എന്നുള്ള അനുഭവം അപ്പൊ അവിടെ ഒരു ഞാൻ എന്ന് പറയുന്നതിന് എനിക്ക് വസ്തുനിഷ്ഠമായി ഇതിൽ നിന്ന് വേളതിരിച്ചറിയാൻ പറ്റി പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാവന ചെയ്യാൻ പറ്റും ഞാൻ വേറെയാണ് അതെന്തുകൊണ്ടങ്ങനെ ഭാവന ചെയ്യുന്നു എന്തുകൊണ്ടങ്ങനെ ഭാവന ചെയ്യാൻ കഴിയുന്നു കാരണം ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അനുഭവത്തിനില്ലാത്തൊരു ശാസ്ത്രത്തിൽ നിന്ന് പറയുന്നത് ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതിൽ നിന്നൊക്കെ വേറിട്ടൊരാത്മാവുമുണ്ട് അതാണ് ഞാൻ എനിക്കതറിയാൻ പറ്റുന്നത് പഞ്ചകോശങ്ങളിൽ നിന്നും പഞ്ചകോശം അവസ്ഥാസ്ത്രയ സാക്ഷി അങ്ങനെയൊക്കെയുള്ള ഒരു ഞാനും ഇത് എന്താണ് ഇങ്ങനെയൊക്കെ ശാസ്ത്രങ്ങളിൽ നിന്നറിയുന്നു പക്ഷെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ഈ ശരീരത്തിൽ നിന്ന് വേറൊരു ഒന്നിന് എനിക്ക് ഞാനെന്നറിയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെന്നറിയാം ഞാനെന്നുള്ള ബോധം ശരീര വിരക്ഷണമായ ഒരു ഒരിക്കലും നമുക്കുണ്ടാകാൻ പറ്റില്ല നടക്കുന്നവര് അതുകൊണ്ടാണ് അവിടെ ഭാവന എഴുതി അപ്പം സാക്ഷി എന്ന് പറയുന്നത് കേവല ഭാവന അപ്പം അവിടെ എന്ത് ചെയ്യുന്നു എന്റെ മനസ്സുകൊണ്ട് ഞാൻ തന്നെ ചിന്തിക്കുകയാണ് ഈ ശരീരം ഇന്ദ്രിയം മനസ്സും ഇതിനൊക്കെ സാക്ഷിയായ ഒന്ന് എന്റെ ഉള്ളിലുണ്ട് ആ സാക്ഷിയാണ് ഞാൻ ഇതൊക്കെ ഭാവനയാണ് ഈ ഭാവന ചെയ്യുന്നവരാണ് ഞാൻ ഭാവന ചെയ്യുമ്പോ അപ്പോഴും ഭാവന ചെയ്യുന്നവ വേറെ നിൽക്കുകയാണ് അത് ഓർക്കണം ഭാവനയുടെ ഒരു പ്രത്യേകത ഏതാണ് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഇത് ശിവലിംഗം എന്ന് ഭാവന ചെയ്യണം ഭാവന ചെയ്യുന്നവേറെ നമ്മ വേറെയാണ് നമുക്ക് അല്ലുമല്ല ശിവലിംഗമല്ല താളഗ്രാമത്തെ അടുത്ത് വെച്ചിട്ട് വിഷ്ണുവോടും ഭാവന ചെയ്യുന്നവർ അവനൊരിക്കലും താളഗ്രാമമല്ല വിഷ്ണുവല്ല അവൻ മാറിയിട്ട് അതിലെല്ലാം ഒരു സാക്ഷ്യമുണ്ട് ആ സാക്ഷിയാണ് ഞാനെന്ന് പറഞ്ഞത് ഈ ഞാൻ ആ സാക്ഷിയിൽ നിന്നും ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും വേറെ നിക്കത്തേയുള്ളൂ കാരണം ഞാൻ എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും വിഷയ വിഷയഭാവത്തെ ഉപേക്ഷിക്കുന്നത് അധ്യാസം കൊണ്ട് സംഭവിച്ചു പോയതാണ് അതാണ് ഈ ആ വിഷയ വിഷയം ഭാവം ഉപേക്ഷിക്കുക എന്തേലും സുഷുപ്തിയിലേക്ക് പോകും അവിടെ പോയാൽ അവിടെ സാക്ഷിയല്ല വിഷയങ്ങളുമില്ല അധ്യാസമില്ലാതെ ജാഗ്രത്തിലേക്ക് വന്നോ അധ്യാസത്തിന്റെ പിടിയിലാകില്ല അദ്ദേഹം അനുസരിച്ച് ഞാൻ പറയ അധ്യാസത്തിന്റെ പിടിയിലായി കഴിഞ്ഞാൽ ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം സാക്ഷിയെക്കുറിച്ചുള്ള ഒരു ഭാവന വിഷയങ്ങളെക്കുറിച്ചുള്ള ഭാവന ഇതെല്ലാം ഭാവന ചെയ്യുന്ന ഒരു വിഷയം ഒരാൾ വേറെ നീക്കി ഭാവനയ്ക്കങ്ങിയൊരു കുഴപ്പമാണ് മറ്റു നമ്മളെന്താണ് ഒരു ഇത് മനസ്സിലാക്കാതെ ഞാൻ സാക്ഷിയാണ് എന്നൊക്കെ കാണാതെ പിടിച്ച് പറയുകയും എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുകയും എന്തെങ്കിലും ബാധിക്കുകയും നിലപിടിക്കുകയും ചെയ്യുക എന്നൊക്കെ ഒരുമിച്ച് തുടങ്ങി അത് ഒരു ധാരണ പറയും നല്ല കടുത്ത ഒരു തലവേദനയോ പല്ലുവേദനയോ പരസെറ്റോണുമ്പോൾ കഴിക്കുന്നെന്താന്ന് വെച്ച ഒരു പരീക്ഷ നടത്താനായിട്ട് ഞാൻ സാക്ഷിയാണെന്ന് ഭാവനയായി എന്ത് സംഭവിക്കും എന്താ സംഭവിക്കും ഞാൻ സാക്ഷിയാണെന്ന് ഭാവനയായിരുന്നു എന്ത് സംഭവിക്കും വേദന കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോധം വരെ നഷ്ടപ്പെട്ടു പിന്നെ ഭാവന ചെയ്യാൻ അവിടെ ആളുകൾ വേദനയ്ക്ക് എങ്ങനെ കുഴപ്പമുണ്ട് തീവ്രമായ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു ബ്രെയിൻ നമ്മുടെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത് തന്നെ ഒരു പണി തീരും നമുക്ക് നമ്മള് അബോധാവസ്ഥയിലായിപ്പോ അതുവരെ ഭാവന ചെയ്തുകൊണ്ടിരിക്കും വേറെ ഒന്നും സംഭവിക്കത്തില്ല അപ്പോ ഭാവന എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ് ഭാവനയ്ക്ക് ധ്യാനത്തിൻ്റെതായ ഒരു പ്രയോജനമാണ് അതുണ്ട് തലവേദന വരുമ്പോൾ ഭാവന ചെയ്തത് സ്വസ്ഥമായിരിക്കുമ്പോ മറ്റു പ്രശ്നങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ ഞാൻ ഒരു സാക്ഷിയാളോ ഇതെല്ലാം സാക്ഷ്യമാണ് സാക്ഷി ഭാസ്യമാണോ എന്നല്ലെങ്കിലും ഭാവന ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാവനയ്ക്കൊരു പ്രയോജനമുണ്ട് ഒരു സ്വഭാവം അപ്പം എന്താണ് സുഖം കിട്ടുന്നതെന്ന് എന്നെ ബാധിക്കുന്നില്ല ഞാൻ അസങ്കനാണ് ഞാൻ നിർലിപ്തനാണ് ബാക്കിയെല്ലാം ശരീരത്തിനും മനസ്സിനുമാണ് ഇത്തരം ഭാവനകൾ ഒരു ഭാവനയുടെ സുഹൃത്ത് ധ്യാനത്തിന്റെ സുഹൃത്ത് അതെല്ലാ ഭാവനകൾക്ക് സുഖവും നല്ല ഭാവനയുണ്ട് പാൽപ്പായസ് അമ്പലപ്പുഴ പാൽപ്പായസ് കുടിച്ചാൽ ഒരു സുഖമാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭാവന ഒരു സുഖം ഭാവന ഒരു ചെറിയ സുഖം അതുകൊണ്ട് മനസ്സിൽ സംഭവിക്കും ഭാവന ജ്ഞാനമല്ല പക്ഷെ അതിന് ഫലമുണ്ട് ഭാവന ജ്ഞാനമല്ല നമ്മൾ കൽപ്പിക്കുകയുണ്ട് ാണ് ഭക്ഷ്യകാരം പറയുന്നത് അത് കർത്തൃതന്ത്രമാണ് പക്ഷെ ഫലമുണ്ട് എന്താണ് ഭാവനയിലും പ്രസുഖം നമ്മുടെ വികാരങ്ങളെല്ലാം അങ്ങനെ ഞാൻ അവര് പ്രവർത്തിക്കുന്നു അതുപോലെ ധ്യാനം എന്ന് പറയുന്നത് തികച്ചും ഭാവന അത് സാക്ഷിഭാവം ആയാലും അത് വസ്തു നിഷ്ഠമായ അറിവല്ല പക്ഷെ അത് നമുക്ക് എന്താണ് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ എന്നൊക്കെ വേറെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ ഒരു സുഖം കുറഞ്ഞ പക്ഷം ആ ചിന്തിക്കുന്ന സമയത്തണെങ്കിൽ അത് മനസ്സിനൊരു നിസ്സംഗതയും മനസ്സിനൊരു ബലവും കൊടുക്കും അല്ലത് വെറുതെ പറയുന്നതല്ല സാക്ഷിഭാവന എല്ലാ ധ്യാനത്തിനും അതിൻ്റെതായ പ്രയോജനമുണ്ട് ഈ പറയുന്ന ധ്യാനത്തിനും അതിൻ്റെതായ പ്രയോജനമുണ്ട് അതായത് നമ്മളങ്ങനെ നമ്മുടെ മനസ്സിനെ ദൃഢപ്പെടുത്തുന്നതിനും ബലപ്പെടുത്തുന്നതിനും മനസ്സിനൊരു പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ഭാവന ചെയ്താലും ശരി അത് സഹായിക്കും വിഷമഘട്ടങ്ങളിലൊക്കെ ഒരു പരിധി വരെ അത് നമ്മുടെ മനസ്സിന്റെ ദൃഢതയും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഗൌരവം അനുസരിച്ചിരുന്നു മനസ്സിലായു എന്ന് വെച്ചാൽ ഞാൻ സാക്ഷിയാണെന്ന് ഭാവന ചെയ്തിരിക്കുന്നു കരണക്കുറ്റിക്ക് നല്ലൊരു അടി കെട്ടി കഴിഞ്ഞാൽ പൊന്നിയിച്ച പുറക്കും വേറെ പ്രത്യേകിച്ച് അവിടെ എന്താണ് ഒന്നും സംഭവിക്കത്തില്ല ചിലപ്പോൾ ഇറങ്ങി താഴെഴിയും എഴുന്നേറ്റിഴുന്നേറ്റ് വേണമെങ്കിൽ ഭാവനയല്ല ടിമേ ആടിയൊരു കാര്യമില്ലാത്ത അപ്പൊ അതാണ് പറയുന്നത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ദൂരവും നമ്മുടെ മനസ്സിന്റെ ബലവും അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇന്ന് ധ്യാനമൊക്കെ പഠിപ്പിക്കുന്ന പറയുന്ന മൈൻഡ് ഫുൾനസ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലാണ് പ്രയോജനപ്പെടുന്നത് ഈ സാക്ഷിഭാവം എന്നൊക്കെ പറയുന്നതിനാണ് ഇന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവും അത് പ്രയോജനമുള്ളത് തന്നെയാണ് എത്ര മാത്രം വരുന്ന വ്യക്തികൾക്ക് ആശ്രയിച്ചിരിക്കുന്നു പിന്നെ ഏറ്റവും പ്രധാനമായി വരുന്ന നമ്മുടെ മനസ്സിന്റെ ഘടന എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അതനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തന രീതികളുമായിട്ട് ബന്ധമാണ് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് അപ്പൊ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നെർവസ് ആണ് ചിലർ പെട്ടെന്ന് ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ന്യൂറോ സയൻസ് പറയുന്നു ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എന്റെ ബ്രെയിൻ എന്റെ ചുറ്റുപാടുകളെ നിരന്തരം സ്കാൻ ചെയ്ത് നോക്കി നിരന്തരം അത് ഞാൻ അറിയില്ല എനിക്കതിനെ കുറിച്ച് ബോധം അത് നിരന്തരം ആ ഒരു പ്രവൃത്തി ബ്രെയിൻ നടന്നുകൊണ്ടിരിക്കുക വെറുതെ ഇരിക്കില്ല അതാണ് എന്നെ നോയിസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ബോധമാറില്ല ഞാൻ വളരെ ഞാൻ വിചാരിക്കുന്ന എന്താണ് ഞാൻ വളരെ ഏകാഗ്രമായി ഞാൻ പറയുന്ന വിഷയങ്ങളെ ശ്രദ്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ അനുഭവത്തിൽ അത് ശരിയാണ് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ എന്റെ മനസ്സ് ഏകാഗ്രമാണ് ആ ഏകാഗ്രതയ്ക്ക് ചിലപ്പോൾ ഒരു പത്ത് ശതമാനമായിട്ടോ മാറ്റം വരാതി കഴിഞ്ഞു മാറ്റം വരും പക്ഷെ തന്നെ മനസ്സിലായി എത്ര സമയം ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയും സമയം ഇതെന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് പക്ഷെ എന്റെ ബ്രെയിനിൽ അതെല്ലാം സംഭവിക്കുന്നു അത് നിരന്തരം കിറ്റുപാടുകൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ മില്ലി സെക്കൻഡിലും ഞാനൊന്നും അറിയുന്നില്ല ഇതെന്തുകൊണ്ടിത് എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ അത് ബ്രെയിൻ ബയോ അത് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേട്ടു അടുത്തെവിടെയും ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അല്ലാത്തൊരു ശബ്ദമാണെങ്കിൽ ഞാനൊന്നും ഭയം ഇതിന്റെ ഇടയ്ക്ക് അതിനാണ് ഇമോഷൻസും കൂടെ അവിചാരികമായി സംഭവിക്കുന്നില്ല എന്റെ മനസ്സ് വേറൊരു കാര്യത്തില്ല പെട്ടെന്ന് എന്റെ മനസ്സിലത് ഭയങ്കര ശബ്ദം കേട്ടു ഇനി അത് സ്വാഭാവികമായി സംഭവിക്കും പക്ഷെ ആ ഭയത്തിന്റെ തീവ്രത എത്ര മാത്രമാണ് അതിനോടുള്ള എന്റെ പ്രതികരണം എങ്ങനെയാണ് തുടർന്നു വരുന്നു ഞാനതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയുള്ളത് മറ്റൊരു വിഷയമാണ് ഈ ശബ്ദം കേട്ടിട്ട് അയ്യോന്ന് നിലപടി ചിലപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ വരാം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഭയമുണ്ടായി ഞാൻ അയ്യോ എന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ കുറച്ച് നെർവസ് ആണ് ഭയത്തിന്റെ തീവ്രത അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നെർവസ് ആകുമ്പോൾ ഞാൻ ആരോ അനുഭവിച്ചത് അപ്പോ ശബ്ദം കേട്ട് ഉള്ളിൽ ഭയം വരുന്ന് ഞാൻ അറിയണമെന്നില്ല പക്ഷെ അങ്ങനെ നികാരം വരികയും എന്റെ വിഷയത്തിലുള്ള ഏകാഗ്രതയെ അത് ബാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിന് കുറച്ച് ബലമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം അല്ല അങ്ങനത്തെ സംഗതി എന്നെ ഇത് വെച്ച് നമ്മുടെ മനസ്സിന് നമുക്കറിയാൻ പറ്റും ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ അതിന്റെ ഗൗരവമനുസരിച്ച് നമ്മുടെ മനസ്സെങ്ങനെ പ്രതികരിക്കുന്നു ഇനി അത് കഴിഞ്ഞ് തുടർന്ന് വരുമ്പോൾ സമജത്ത് എല്ലാം മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിയുന്നുണ്ട് ചിലർക്ക് നല്ലൊരു ഭയം വന്നു കഴിഞ്ഞാൽ മനസ്സിന്റെ സമനില തന്നെ തെറ്റിപ്പോ ചികിത്സയുടെ ആവശ്യമില്ല ഫേഡിങ്സ് സമനില തെറ്റിയെന്ന് പറയണം അപ്പോ ധ്യാനവും മറ്റു ശീലിക്കുന്നവര് സാക്ഷിഭാവവും മറ്റും ശീലിക്കുന്നവർക്ക് അതുകൊണ്ട് മനസ്സിലൊരു ദൃഢത വരികയാണെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താണ് ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോ അത് നമ്മുടെ ബ്രെയിനെ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും പ്രവർത്തിക്കും കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകത്തില്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നോണ്ടാണ് അതുകൊണ്ടാണ് സംഭവിച്ചത് അപ്പൊ നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നതിന് കൈകാര്യം ചെയ്യുന്നതിന് നമ്മുടെ ബ്രെയിനിനൊരു വലിയ പങ്കുണ്ട് പക്ഷെ നമ്മൾ എന്തെങ്കിലും അഭ്യാസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു ബ്രെയിനിന് മാറ്റം വരുന്നു അതിന് സിനാപ്സിസ് പ്ലാസ്റ്റിസിറ്റി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണുകളുടെ ജംഗ്ഷൻ അതിന് സിനാപ്സിസ് എന്ന് പറയും അതിന് വരുന്ന മാറ്റങ്ങൾ അത് ദൃഢമാകുക അത് ലൂസാകുക പൊതുവായുള്ള നമ്മുടെ വിചാരങ്ങൾ സ്വാധീനിക്കുന്നു അതുകൊണ്ട് ധ്യാനത്തിന്റെ പ്രയോജനം അതാണ് നമ്മൾ വളരെ നെർവസ് ആണെങ്കിൽ നമ്മൾ ധ്യാനിച്ചിട്ട് നമ്മുടെ മനസ്സിന് കാര്യമായി മാറ്റമൊന്നും വന്നില്ല എന്നും വരാം വന്നെന്നും വരാം മനസ്സിന് ബലമുണ്ടായെന്നും വരാം സാക്ഷ്യഭാവം ബലം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു അതിൻ്റെ പ്രധാന പങ്ക് നമ്മുടെ മനസ്സിനും മനസ്സിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിനിനോട് ഇതെല്ലാം കൂടെ ഒത്തു വന്നാലേ അത് ബലം കൊടുത്തിട്ടു അല്ല നമ്മൾ ഇരുട്ട വിളക്ക് അധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തര ഒരു നിയമ അത് ഇതൊക്കെ ശരിപ്പെടുമെന്ന് പഴയകാലത്ത് മനുഷ്യൻ വിശ്വ വിശ്വസിച്ചിരുന്നത് അവന് ബ്രെയിനിനെ കുറിച്ചുള്ള അറിവില്ലാത്ത കൊണ്ടാണ് അതാണ് പ്രശ്നം ഇതെല്ലാം നമ്മൾ ബ്രെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധം അതുകൊണ്ട് ഈ അഭ്യാസം സാക്ഷിഭാവം നമ്മുടെ ഈ ഭാവന ധ്യാന മനസ്സിന് ബലം കൊടുക്കാം അത് ജീവിതത്തിൽ പ്രതികൂലതകൾ വരുമ്പം മനസ്സിന് കരുത്തുകൊടുക്കാം അതൊക്കെ സംഭവിക്കാം പക്ഷേ അത് ഒരു കൃത്യമായ നിയമമൊന്നുമില്ല എങ്ങനെ തന്നെ സംഭവിച്ചു കൊള്ളണം എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അത് ഓരോ വ്യക്തികളുടെയും ബ്രെയിനനുസരിച്ച് അതിന്റെ പ്രവർത്തനമനുസരിച്ച് അപ്പോൾ ഈ സാക്ഷിഭാവം എന്ന് പറയുന്നത് ഒരിക്കലും ധരിച്ചു കളിരുന്ന എന്തോ ഒരു അറിവാണെന്ന് ധരിക്കും അതൊരു പ്രക്രിയയാണ് അതൊരു ഭാവനയാണ് അതൊരു ഉപാസനയാണ് സാക്ഷിഭാവം ശീലിച്ചു എന്ന് വിചാരിച്ച് ഒരാളുടെ എന്തെങ്കിലും വ്യത്യാസം വേണമെന്ന് വരുന്ന ഒരു നിബന്ധനയില്ല ഒരു നിർബന്ധമില്ല വന്നു വരാൻ പരാതിയില്ല ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് പക്ഷെ ഒരു ധ്യാന സമ്പ്രദായം എന്നൊന്നാണെങ്കിൽ ഒരു വാസനാ സമ്പ്രദായം എന്നൊന്നാണെങ്കിൽ അത് നല്ലതാണ് അത് അവിടെ ഞാൻ സാക്ഷിയെപ്പോലെ നല്ലത് പിന്നെന്താണ് ഞാൻ സാക്ഷിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് സാക്ഷിവത് എന്നാണ് അപ്പോ ഈ ആത്മാവ് ഈ സർവപ്രപഞ്ചത്തിനും സാക്ഷിയായിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ലോകത്തെങ്ങനെയാണോ സാക്ഷികളെ കാണുന്നത് അതുപോലെ ഒരു സാക്ഷിയെപ്പോലെ ഇരിക്കുന്നു എന്നുള്ളതൊരറിവാണ് ഞാൻ ഈ ലോകത്തിലെ സാക്ഷിയാണ് എന്ന് ഭാവനഗേക്ക് അഭിപാസിക്കും മറ്റൊരു തത്വത്തെ കുറിച്ച് പറയാം ഒരിക്കലും എന്താണ് ആത്മാവിന് സാക്ഷിയാകാണ്ട് അത് ശരി അത് അതുകൊണ്ടാണ് പറയുന്നത് സാക്ഷിയെ പോലെ ലോകത്തിന് നമ്മൾ സാക്ഷിയെ കാണാറുണ്ട് അത് നീരധിപതി കൂടുമ്പോ ഞാൻ സാക്ഷിയായിരിക്കും അതുപോലെ സർവത്തിന് സാക്ഷിയായിരിക്കുന്നു ആത്മാവ് സാക്ഷിയെപ്പോലെ ഇരിക്കും എന്ന് പ്രത്യേകം പറയുന്നതുകൊണ്ടാണ് സാക്ഷിഭാവം എന്ന് പറയുന്ന നമ്മൾ ശീലിക്കുന്നവരിലും അറിവല്ല അത് ഉപാസനയാണ് ഭാവനയാണ് അത് പ്രയോജനമുള്ളത് തന്നെയാണ് അത് ധ്യാനമാണ് ഇവിടെ പറയുന്നത് എന്താണ് കേവലം സാക്ഷിക പശ്യ ജഗദാഭോതിഷ്ട അതൊരു ഉദാഹരണമായിട്ട് പറയുന്നു ലോകത്തെങ്ങനെയാണോ സാക്ഷികൾ സാക്ഷി വസ്തുക്കളെ കണ്ടുകൊണ്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആത്മാവ് സ്ഥിതി ചെയ്യും ആത്മാവ് അങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തത്വജ്ഞൻ തത്വത്തെ അറിയുന്നവനും അതുപോലെ സ്ഥിതി ചെയ്യും അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റും കാരണം വസിഷ്ഠൻ തത്വജ്ഞാനിയാണ് രാമൻ അതുപോലെ ദൃഢമായ തത്വജ്ഞാനങ്ങളാണ് കുറേ അറിവുണ്ടെങ്കിൽ അപ്പോ ഒരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് സാക്ഷിയെപ്പോലെ സ്ഥിതി ചെയ്യുമെന്ന് പറയും അപ്പോ എന്താണ് സാക്ഷി ഭാവന വേറെയാണ് തത്വജ്ഞായ സാക്ഷിയെപ്പോലെ സ്ഥിതി ചെയ്യുന്ന പറയുന്നത് വേറെ വേറെ ഒന്ന് തത്വജ്ഞാനത്തെ കുറിച്ച് പറയണം മറ്റൊന്ന് ഭാവനയെ കുറിച്ച് പറയണം ഭാവനയെ ജ്ഞാനമായി തെറ്റിദ്ധരിക്കാൻ പാടില്ലെന്നാണ് ശങ്കരാചാര്യ പറയുന്നത് ഇവിടെ അറിയുന്നത് ജ്ഞാനം നേരെയാണ് ഭാവന ജ്ഞാനം വസ്തുനിഷ്ഠമായൊരറിവാണ് ഭാവന അല്ലെങ്കിൽ ജ്ഞാനം ഒരു പ്രാക്ടീസാണ് അത് സത്യമാണ് നമ്മൾ കൃത്രിമമായി ചെയ്യുന്ന ഒരു കാര്യം അകൃത്രിമമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനിയുടെ തത്വജ്ഞാനം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നു വസ്തുന്തിഷ്ഠമായ ജ്ഞാനത്തെക്കുറിച്ചാണ്